ഒരു മനുഷ്യന്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് സംസ്കരിക്കപ്പെട്ടതാവുക എന്നുള്ളത് അൽഫി റജിലിൻ ആയിരം ആടുകളിൽ അത് ചെയ്യുന്ന തെസീയർ വഴവി അൽഫി റജിലിൻ ആയിരം ആടുകൾ ഒന്നിച്ച് ഉപദേശിച്ചാൽ ഫി റജിലിൻ ഒരാടിൽ ചെയ്യുന്ന തെതീയറിനെക്കാൾ ശക്തമാണ് എന്നതാണ് സത്യം പക്ഷേ ഇന്ന് ഉപദേശങ്ങൾ അധികമുണ്ട് പക്ഷെ ആസാറുകൾ കുറവാണ് അതാണ് ഞാൻ പറയുന്നത് തസബുഫ് എന്ന വിഷയത്തിൻ്റെ ആസാറുകൾ നഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തസബുഫ് എന്ന് പറഞ്ഞാൽ സഫ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം സഫ എന്ന് പറഞ്ഞാൽ തെളിവ് വിശുദ്ധി എന്നൊക്കെ പറയാം സഫ എന്നുള്ള തെളിവ് എന്നാണ് അപ്പോൾ ഏത് വസ്തുവിനെയാണ് തെളിയിക്കൽ അതെങ്ങനെയാണ് തെളിയിക്കൽ ആ സഫയിൻ്റെ ആസാറുകൾ എന്തെല്ലാമാണ് ഉണ്ടാകൽ ഇത്യാദി പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നമ്മളീ വിഷയത്തോട് ബന്ധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തിനാണ് തെളിയിക്കുന്നത് മനുഷ്യന്റെ അത് നൈസർഗികമായി വിശുദ്ധമാണ് എന്ന് നമുക്കറിയാം കാരണം അള്ളാഹു പറയുന്നു ലോകത്ത് ഏതൊരു മനുഷ്യനും ജലിച്ചു വീടുമ്പോൾ അവൻ്റെ കൽബ് വിശുദ്ധമാണ് പരിശുദ്ധമാണ് ആ കൽബില് മാലിന്യങ്ങൾ കടത്തുന്നത് അവൻ വളരുന്ന ചുറ്റുപാടുകളാണ് അവൻ്റെ സാഹചര്യങ്ങളാണ് അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഈ കൽബ് എന്ന് പറയുന്നത് ജിബിലിയായി വിശുദ്ധമാണ് കാരണം കൽബ് എന്ന് പറയുന്ന സാധനം എന്താണ് ഏതായാലും കൽബ് എന്ന് പറയുന്ന ശരീരമല്ല എന്ന് കുറപ്പാ മനുഷ്യൻ ഇത് രണ്ടും കൂടി കൂടിയതാണല്ലോ കൽബ് എന്ന് പറയുന്ന സാധനം എന്താണത് മഹാനായിട്ട് അജായിബൽ കൽബ് എന്ന ബാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജീവനോട് ബന്ധിച്ച ോട് ബന്ധിച്ചുംബുടി സംബന്ധിച്ചെ തങ്ങളോട് അവർ വന്ന് ചോദിച്ചാൽ ോട് ബന്ധപ്പെട്ട ഒരു വസ്തുവാണെന്ന് മാത്രം പറയുക കാരണം മനുഷ്യ സമൂഹത്തിൽ ഒന്നിച്ച് വളരെ കുറഞ്ഞ അളിവുകളല്ലാതെ നൽകപ്പെട്ടിട്ടില്ല ആയതിനാൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിലകൊള്ളുന്ന ആത്മാവില്ല ഹക്കയക്കത്ത് മനസ്സിലാക്കാൻ സാധ്യമല്ല കുലിർഹമില്ല തങ്ങൾ പറയുക അപ്പോ റബ്ബിനോട് ബന്ധിച്ചതാണ് അതാണ് മലായി അള്ളാഹു പറഞ്ഞത് എന്റെ റോഹിൽ നിന്ന് ഞാൻ നിക്ഷേപിച്ചാൽ എന്ന് പറയുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട വസ്തു അതാണ് ബന്ധപ്പെട്ട വസ്തുവാണ് പിന്നെ നിഗൂഢ വസ്തുവാണ് കാരണം അതിൻ്റെ മാഹിയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതിൻ്റെ ജീൻസോ അതിൻ്റെ ഫസിലോ അതൊന്നും നമുക്ക് കണ്ടെത്താൻ സാധ്യല്ല നമുക്ക് എന്ന് മാത്രമല്ല ലോകത്തിലുള്ള ഒരൊറ്റ മനുഷ്യനും ലോകത്തിൻ്റെ അവസാനം വരെ മനുഷ്യാത്മാവിൻ്റെ നിഗൂഢത ഒഴിവാക്കാൻ സാധ്യല്ല എന്തുകൊണ്ട് അള്ളാഹുറബുല്ല അങ്ങനെയാണ് അതിന് ശ്രമിച്ചിട്ട് തീരുമാനിച്ചിട്ടുള്ളത് السلو لك عين الروح طول الروح من لم ربي وما هو تيتم لللم الا قليلا ان انا بدتش بدي يمارش الا دول ذات الحقات قدن تال سعديا والله اپول التواكيل برنجال مرشاء ماو قلب قلب روح نفس اكثر لو كده പറയാ اي لك في ست ارثകളുണ്ട് ഈ സാധനം ഒരു ലതീബതയാണ് റബ്ബാലിയാണ് റുഹാനിയാണ് അങ്ങനെ വരുമ്പോൾ ഭൗതിക പദാർത്ഥങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിൻ്റെ ശുദ്ധീകരണമോ മാലിന്യങ്ങളോ ആവുകയില്ല ഈ വസ്തുവിന് വരുന്നത് കാരണം ഈ വസ്തു റബ്ബാലിയാണ് ലത്തീഫാണ് ശരീരം ഭൗതികമാണ് ഭൗതികമായ വസ്തുവിന് മാലിന്യങ്ങൾ അതിൻ്റെ തസ്തീർ ആ മാലിന്യങ്ങളോ കൈഫിയത്തോ ഒരിക്കലും റൂഹിനെ ബാധിക്കുകയില്ല നമ്മൾ ശരിക്കാലോചിക്കണം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ റബ്ബിന്റെ വക്കലിൽ നിന്നുള്ള ഒരു ഇലാഹിയായ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക വസ്തുവാണ് റൂഹ എന്നതിനാൽ അത് അള്ളാഹുവിൻ്റെ അള്ളാഹു പടച്ചപ്പോൾ തന്നെ അത് വിശുദ്ധമാണ് അതുകൊണ്ടാണ് ഒരു കുട്ടി ചെറുപ്പത്തിലും വരിച്ചാൽ നിയമപ്രകാരം അവൻ സുരക്ഷിതനാണ് മാലിന്യം അവൻ്റെ കൽവിൽ വന്നിട്ടില്ല മാലിന്യങ്ങൾ വന്നിട്ടില്ല മാത്രമല്ല കൽബ് വളരെ ചെറുപ്പത്തിൽ മാലിന്യങ്ങൾ വരാത്ത സന്ദർഭത്തിൽ ആലമൽ മനക്കൂത്തിന്റെ രഹസ്യങ്ങൾ ഈ കൽവിൽ വർഷിച്ചുകൊണ്ടിരിക്കുമെന്ന് കിതാബുകളിൽ കാണാം മഹാന്മാരായ ഔളിയാക്കൾ പറയുന്നു ും അഞ്ചും മാസമായ ഒരു ചെറിയ കുട്ടി ആ ഒരു ചെറിയ കുട്ടി തൊട്ടിയിൽ കിടക്കുമ്പോൾ ആ കുട്ടിയെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ സുഖമായി കിടന്നുറങ്ങുന്നത് കാണാം ആ ഉറക്കത്തിൻ്റെ ഇടയിൽ കുട്ടി ചിരിക്കും ആ ഉറക്കത്തിനിടയിൽ കുട്ടി കരയും എന്തിനു വേണ്ടി കരയുന്നു എന്തിനു വേണ്ടി ചിരിക്കുന്നു സ്വപ്നം കണ്ടുമൊണ്ടല്ല കാരണം സ്വപ്നമെന്ന് പറഞ്ഞാൽ അബോധ മനസ്സിലെ കാര്യങ്ങൾ അബോധ മനസ്സിൽ തെളിഞ്ഞു വരണ്ട ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല പിന്നെ ഒന്നാലെ കാണുന്ന സ്വപ്ന ജീവി അക്കളും അങ്ങനെയാണെങ്കിൽ തിരക്കടില്ല അതുകൊണ്ട് അല്ലേ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് പിന്നെ എന്താണ് കാണുന്നത് ഈ ചിരി എന്താണ് ഈ കരച്ചിലെന്താ മഹാന്മാരായ ഉലിയാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നു ഈ കുട്ടിയുടെ കൽബ് വിശുദ്ധമായതിനാൽ മാലിന്യങ്ങൾ ആ കുട്ടിയുടെ കൽബിൽ വരാത്ത കാരണത്താൽ ആ കുട്ടിയുടെ കൽബ് ആലമൽ മലക്കൂത്തിന്റെ രഹസ്യമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വർഷിക്കുന്ന ആ സന്ദർഭത്തിലാണ് കുട്ടി ചിരിക്കുന്നത് കുട്ടി കരയുന്നത് അതാണ് പൊട്ടി കാണാം ബാവിട്ട് കരയുന്നത് കേൾക്കാം കാരണമറിയാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടിയുടെ മനസ്സിൽ കൽബിൽ ഈ വിധത്തിൽ ആലമുൽ മലക്കൂത്തിൻ്റെ രഹസ്യങ്ങൾ വർഷിക്കുകയാണ് ഇതേ അനുഭവമാണ് അള്ളാഹുബിൻ ലൗലിയാക്കൾ അവരുടെ ശരീരത്തെ ഹലുമു ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തെ ഹലുമു ചെയ്ത് അള്ളാഹുവിൻ ലൗലിയാക്കൾ അവരുടെ ശരീരത്തെ ലയിച്ചകളുടെ പാടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജദുബിൻ ലഹാനുള്ളവരെന്ന് പറയും പലായന്നക്കാമുള്ളവരെന്ന് പറയും ഉഷാഹതത്തിൽ ലഹാനുള്ളവരെന്ന് പറയും ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹുബിൻ ലൗലിയാക്കൾ എത്തുമ്പോൾ ാശം കണ്ടാരി രാജാണി എന്നോ ഇരുന്നയിരിപ്പിൽ അവരുടെ വ്യക്തമായിട്ടത് കാണുകയാണ് അവരുടെ ആ ഹൃദയത്തിന്റെ കണ്ണുകളെ കൊണ്ട് കൽബിന്റെ കണ്ണുകളെ കൊണ്ട് ആ കണ്ണുകളെ കൊണ്ട മലക്കൂത്തിൻ്റെ രഹസ്യങ്ങൾ അവരങ്ങളെ കാണുന്നു എത്രയോ ദൂരെയുള്ള വസ്തുക്കൾ അവർക്ക് കാണാൻ സാധിക്കുന്നു കദാലിക്കല്ല മലക്കൂത്ത് വല്ലർന്നി വലിയ കൂലമിനൽ അതുകൊണ്ട് കൽബ് അടിസ്ഥാനമായി വിശുദ്ധമാകുന്നു കാരണം അത് ഇലാഹിയാണ് റബ്ബാലിയാണ് പരിശുദ്ധമാണ് ആ സാധനം അതിനെ മരിനപ്പെടുത്താത്ത കാലത്തോളം അത് വിശുദ്ധമാണ് അത് പ്രകാശ് അത് ഇളക്കിയായി തന്നെ പരിശുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ആ കൽബിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ വരും മാലിന്യങ്ങൾ വരാനുള്ള കാരണം കുറാനിലുണ്ട് എന്താ മാലിന്യങ്ങൾ വരുന്ന ആ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ഒരു കമ്പ്യൂട്ടർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റൂല ആ മാലിന്യങ്ങൾ വരുന്ന വഴി ലോകത്തിൻ്റെ നാഥൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് എന്ത് പറഞ്ഞുകൊണ്ട് അബു മനുഷ്യന്റെ ദുഷ്ശൈലികളാൽ മനുഷ്യന്റെ ചീത്ത പ്രവർത്തനങ്ങളാൽ ആ മനുഷ്യന്റെ ചീത്ത പ്രവർത്തനത്തിൽ നിന്ന് മനുഷ്യന്റെ കൽബിൽ മാലിന്യങ്ങൾ പൂർണ്ണമായി വന്നു ചേർന്ന് കൽബ് കറ പിടിച്ച് കേടുവന്നു പോകുന്നു അങ്ങനെ കേടുവന്നു പോയാൽ പിന്നത്തെ സ്ഥിതി ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ കൽബും രണ്ടും കൂടി നോക്കിയാൽ ഒരു ആദരിക്കപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന ഒരു മഹാരാജാവും പ്രജകളെ പോലെയുമാണ് വളരെ ഫിറ്റായ ഒരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞാൽ ഒരാദരിക്കപ്പെടുന്ന രാജാവ് ആ രാജാവ് എന്തൊന്ന് പറഞ്ഞോ എന്തൊന്ന് ചെയ്യുന്നോ അതിൽ അനുസൃതമായി തല്ലാതെ ഒരിക്കലും പ്രജകൾ ചിന്തിക്കാത്ത ഒരാസരണീയനായ അനുസരിക്കപ്പെടുന്ന ഒരു മഹാരാജാവാണ് കൽബ് ആ കൽബ് എന്തൊന്ന് പറയുന്നോ എന്തൊന്ന് ചിന്തിക്കുന്നോ അതിനപ്പടി വഴിപ്പെടുന്ന അടിമകളാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കൽബാട് കേടുവല്ല എല്ലാം മനസ്സിലാക്കണം കൽബ് കേടുവന്നാൽ ആ ശരീരമാകുന്ന ആ ഭൂമിയിലെ പ്രജകളെ വലിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരി നാശപ്പെട്ടു പോയി നാശപ്പെട്ട് കേൾ കയ്യുകടങ്ങി കാല് കേടരാൻ തുടങ്ങി ലൈംഗികാവം കേടരാൻ തുടങ്ങി നാവ് കേടരാൻ തുടങ്ങി അത് ആലോചിക്കണം എല്ലാം കേടുവന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ എല്ലാവിധ നന്മയുടെയും എല്ലാവിധ വിജയത്തിൻ്റെയും എല്ലാവിധ ഉയർച്ചയുടെയും എല്ല അന്തസ്സിലയും അടിസ്ഥാനം കൽബിലെ സഫ ആണ് കൽബിലെ പരിശുദ്ധിയാണ് അതുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കൾ എങ്ങനെ വിശുദ്ധി ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ബിശ്രുൽ അവരെ വിശുദ്ധി നമ്മൾ മനസ്സിലാക്കുന്ന ബിശ്രുൽ എന്ന് പറയുന്ന വലിയൊരു ഉലിയുണ്ട് മഹാനവർഗരുടെ പങ്കളുണ്ട് അബ്ദുല്ലാഫി റിഷാദുലഹാഫി പറഞ്ഞ സംഭവമാണത് മിഷുറുല്ല ഹാഫിയുടെ സഹോദരി മഹാനായ അഹമ്മദ് ബിൻ ഹമ്പൽ അരികിലേക്കൊരു മസ്തൽ ചോദിക്കാൻ വേണ്ടി ചെന്ന് മസ്തല് ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മടക്കിവിടുന്ന അവസ്ഥയല്ലല്ലോ അവരുടേത് ഉള്ളാഹുവിൻ്റെ അഹമ്മദ് ബിൻ ഹംബൽ റതിയുള്ള മഹാനായ അഹമ്മദ് സഹോദരി മസ്ത ചോദിക്കാൻ എന്താ ചോദിക്കാൻ ചെന്നത് മഹാനവറുകളെ ഞങ്ങളുടെ വീട്ടിൻ്റെ സമീപത്തിലൂടെ ഭരണാധികാരികളുടെ വെളിച്ചം കൊണ്ട് ആളുകൾ ഇങ്ങനെ ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥന്മാർ പോകാറുണ്ട് ആ വെളിച്ചത്തിൻ്റെ വെളിച്ചല്ലേ ഞങ്ങളുടെ വീട്ടിൻറെ ഉള്ളിലേക്ക് അടിച്ചു വീശുമ്പോൾ ആ പ്രകാശങ്ങൾക്ക് ഉപയോഗിക്കൽ ഹലാലാവോക്കണം ഭരണാധികാരികളിൽ നിന്ന് മിക്കവാറും ചിലപ്പോൾ വാലിമികളാവാം അവരുപയോഗിക്കുന്ന സമ്പത്ത് ശുഭഹത്തിന്റെ സമ്പത്താവാം ആ തരത്തിലുള്ള മുതലിൽ നിന്ന് അതിൻ്റെ വെളിച്ചം കൊണ്ടുപോകുമ്പോൾ ആ വെളിച്ചത്തിന്റെ അംശം ഒരു ശാഖ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കത് അത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് മസ്സലാണ് ചോദിച്ചപ്പോൾ സുബഹാന ഞാൻ ഈ കാര്യം പറയുമ്പോൾ ആലോചിക്കുകയാണ് മഹാനായ സമസ്ത കേരള ജമിയ തുലുമായയുടെ സർവാധരണീയനായ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് അള്ളാഹു അവരുടെ ദറജകൾ അധികരിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ ശംസുലുലമാ അവരൊക്കെ ഈ വിധത്തിൽ പുറമുള്ളവരായിരുന്നു ബിഷർബുൽ ഹാഫിർ അലി അള്ളാഹുന്റെ സഹോദരി അഹമ്മദ് ബിൻ ഹംബലിനോട് ഈ മസ്സല ചോദിച്ചപ്പോൾ അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹു പൊട്ടി കരഞ്ഞുപോയി പറയാൻ കിട്ടായിട്ടല്ല അത് കരഞ്ഞുപോയി വളരെ ശക്തിയായിട്ട് കരഞ്ഞ സമയത്ത് എന്താണ് പറയേണ്ടതെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ പെണ്ണിനോട് ചോദിച്ചു നീ എവ നീ ആരാധിച്ചു കാരണം ഇത്ര മാത്രം മനസ്സു ശുദ്ധിയുള്ള ഇത്രമാത്രം കൽബു ശുദ്ധിയുള്ള ഒരു പെണ് ഏത് വീട്ടിലെ പെണ്ണാണ് അത്ഭുതത്തോടുകൂടെ ബിസുറിന്റെ സഹോദരിയോട് അഹമ്മദ് ബിൻ ഹമ്പൽ ചോദിക്കുന്നു നീയപിടുന്ന ഉടനെ തന്നെ പറയുന്നു ഞാൻ ബിസുറിന്റെ സഹോദരിയാണ് ഉടനെ തന്നെ മഹാനായ മഹാനായ അഹമ്മദ് ഹമ്പൽ വലിയ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വറയുണ്ടായി എന്ന കാരണത്താൽ ഏറ്റവും വലിയ വറയുള്ള മനുഷ്യനാണ് നൂല് നുൽക്കൽ പോരാത്തവണി ആ വെളിച്ചം കണ്ട് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ അത് ചെയ്യണ്ട നിങ്ങൾ ആലോചിക്കണം നമ്മുടെ മഹാബുദ്ദീൻകളുടെ അള്ളാഹു അദ്ദേഹത്തിൽ അധികരിക്കട്ടെ അദ്ദേഹത്തിന്റെ വല്ലിപ്പ തേജലിപ്പാപ്പൊരു കഥ ഞാൻ കോട്ടക്കരുക്കണ കാലത്തുള്ള ഒരു കഥ എനിക്ക് പോർബ് വരിക മഹാനായ പിന്നെ അബുഎസീദി അദ്ദേഹം എന്ന പ്രദേശത്തിൽ നിന്നൊരു സ്ഥാപനം ആയിക്കൊണ്ടുവന്നു സാധനം ആയിക്കൊണ്ടുവന്നുകൊണ്ട് വീട്ടിൽ നോക്കുമ്പോൾ ആ സാധനത്തിന്മുറമ്പുണ്ട് ഒരു ഉറുമ്പ് ആ ഉറുമ്പിനെ അബുഎസീദിൽ ബിസ്താബി കണ്ടു കണ്ടുകൊണ്ട് മഹാനപറികൾ ചിന്തിക്കുകയാണ് പടച്ചവനെ ഈ ഉറുമ്പ് ഈ നാട്ടിലുള്ളതല്ലോ ഈ ഉറുമ്പ് ആ രാജ്യത്തിൽ നിന്നുള്ളതല്ലേ അതിൻ്റെ സ്വന്തം രാജ്യത്തിൽ നിന്ന് ഞാൻ അതിന് ഇവിടേക്ക് നാടുകടത്തുന്ന കുറ്റമിരിക്കു വരൂലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ അബു യസീൽ ആ ഉറുമ്പിനെ എടുത്തുകൊണ്ട് ആ ഹമദാബിനെ ഹമദാലിൽ കൊണ്ടുപോയി ഉറുമ്പിനെ ആക്കിക്കൊണ്ട് തിരിച്ചു വരുന്നു അവരുടെ കൽബിൻ്റെ ശുദ്ധിയുടെ ആസാറുകൾ നമ്മൾ നോക്കണം ആ സാറുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മൂമിലുകളെ അതുകൊണ്ട് കൽബു വിശുദ്ധിയാകാം കൽബു ശുദ്ധിയാകുക അതാണ് മനുഷ്യന്റെ കൽബു ശുദ്ധിയാകാതെ ശുദ്ധിയാക്കാൻ ഇവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ചില മരുന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ആ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായും അതിന് അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളിലൂടെ തന്നെ ആ മാർഗങ്ങളാണ് വ്യക്തമായി രേഖപ്പെടുത്തിയത് മഹാനവരുകൾ പറയുന്നു അടിസ്ഥാനം എന്താ ഈ അഞ്ചു കാര്യങ്ങളുടെയും അടിസ്ഥാനം നന്മകൾ മാത്രം ചെയ്യുന്നവരും മനസ്സാക്കി മാറ്റാൻ ശ്രമിക്കുരിൽ മഴ ആശയം ആലോചിച്ചുകൊണ്ട് കുറാനോത് ആശയം ആലോചിച്ച് കുറാലോദ എന്നല്ല നമുക്ക് മനസ്സിലാക്കോദൽ മാത്രമല്ല ലക്ഷ്യം പിന്നെ ആ ആശയം ആലോചിച്ച് കുറാനോദ എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന്റെ കലാം അതിൻ്റെ യഥാർത്ഥമായ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓതിയിട്ട് പടച്ചപുരമായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ കൽബിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പടച്ചവും പറഞ്ഞ അവസ്ഥയിലെന്താ പടച്ചവും പറഞ്ഞ് ൂറ എന്നാണ് പറഞ്ഞ പേടി വരുന്ന അവസ്ഥ വരും അള്ളാലെ അതാപ് പറയാന്നുമല്ല അള്ളാലെ ശിക്ഷ പറയാതൊന്നുമല്ല നരകം പറയാന്നുമല്ല ഇന്നമൽമുക്ന്ന് പറഞ്ഞാൽ അവരുടെ കൽപ്പിൽ പേടി വരും അത് ബാങ്ക് കേട്ടാലും വേണ്ടില്ല കുട്ടികളെ മദർസ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല അല്ലെങ്കിൽ ബസ് പോകുമ്പോൾ പറഞ്ഞാലും വേണ്ടില്ല സ്പീക്കറുടെ കേട്ടാലും വേണ്ടില്ല അള്ളാ കാരണം അള്ളാഹുമായിട്ട് ബന്ധം അങ്ങനെയാകും ബന്ധം അങ്ങനെയാകും ഒരു സാധനത്തിനോട് ബന്ധം അധികരിച്ചാൽ നിശ്ചയമായും ആ സാധനത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും നമുക്കൊക്കെ അറിയാമല്ലോ മുഖ്തസർ പറഞ്ഞൊരു ബെയ്ത്ത് സാധാരണ പക്ഷെ അതിന് വലിയൊരു അർത്ഥമുണ്ട് എന്താ മുസ്തോ മുത്തോലൊക്കെന്താ മാടപ്രാവ് ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടുമ്പോ ആ പ്രേമം അധികരിച്ച മനുഷ്യൻ പറഞ്ഞ വാക്കെന്താ അല്ലാതെ നാളെ മനസ്സിലാക്കണം പ്രാവേമത്തിൽ കാരണം ഇയാളെ കൽബൽ അതേ ഉള്ളു യാളെ കൽബി ലതേ ഉള്ളൂ അള്ളാഹു നമ്മുടെ കൽബിൽ അള്ളാഹു നിരത്തി തരട്ടെ ബഹുമാനപ്പെട്ട മോമിനുകളെ അങ്ങനെ വരുമ്പോ ഇന്നിനു അല്ലാ എന്നു പറയപ്പെട്ട അല്പ ചെലുത്തു കൊലോപും അവരെ കൽബിന് പേടിയാണ്ട് വരുന്നല്ല ബാഗ് കെട്ടാൽ ഉണ്ടാവും നിസ്കാരത്തിൽ അള്ളാഹുക്ക് വരുന്നു പറയുമ്പോൾ ഉണ്ടാവും ഏത് സമയത്തുണ്ടാവും അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ അതാണ് ലക്ഷ്യം അതാണ് യഥാർത്ഥമായ സൂഫിയെന്ന് പറയുന്നത് ഞാൻ സൂഫിയാണെന്ന് പറഞ്ഞാൽ വലിയൊരു കുപ്പായ ഇട്ട് വലിയൊരു തലകെട്ടിട്ടി വലിയൊരു തുണി എടുത്ത് അതുകൊണ്ടൊന്നും സൂഫിയാവൂല സൂഫിയെ തസഫ് കല്പുര പക്ഷേ ഇസ്ലാമിൻ്റെ വേഷം അനിവാര്യമാണ് ഇസ്ലാമിൻ്റെ ശായർ അനിവാര്യമാണ് പക്ഷേ അതുകൊണ്ടൊന്നും മനുഷ്യരെ നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ ഞാൻ മനസ്സിലാക്കുന്ന ലോകത്തിൻ്റെ കാരുണ്യമായ റസൂർമാന്റെ പേരിൽ വെറുതെ ആത്മീയ ചൂഷണം നടത്താൻ ഈ തലയിൽ കെട്ടും താഴെയൊക്കെ ഉള്ളർക്ക് നടക്കോ നമ്മളത് ചെയ്തത് ഇന്ന് അള്ളാഹുവിന്റെ റസൂരിന്റെ മൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയമായി മനുഷ്യൻ ദുർബലനാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഒരുങ്ങി എന്നതില് അള്ളാഹുവിന്റെ സഹായമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ട് ഇന്ന് അന്യ മതക്കാര് വരെ റസൂറു കരി ചർച്ചേ ആരത് ഉണ്ടാക്കിയത് ആലോചിക്കണം നമ്മൾ ആരുണ്ടാക്കിയതാണത് ഉണ്ടാക്കിയവർ എന്ന് ചിന്തിക്കണനി എന്തിനാ അത് ഉണ്ടാക്കിയത് എന്തിനാ അത് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അള്ളാഹുവിലേക്ക് തൗപാശയുടെ സമയം അതിക്രമിച്ചു പോയി നമുക്കൊക്കെ ആഹ്രത്തിലേക്ക് പോകേണ്ടവരാണ് അള്ളാഹുവിലേക്ക് തൗപാശയുടെ സമയം അതിക്രമിച്ചു പോയി യാതൊരു സംശയമില്ല നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാഷറയിൽ ഒരുമിച്ച് വിടേണ്ടവരാണെന്ന് ഓർമ്മവാണോ ബഹുമാനമുള്ള മൂമിനുകളെ അതുകൊണ്ട് കൽബ് വിശുദ്ധിയായി കൽബഞാനം വിശുദ്ധിയായി കഴിഞ്ഞാൽ ഒന്നാമത് ആ ശുദ്ധത വരണമെങ്കിൽ ഉണ്ടാകണം അതാണ് ഒന്നാമത്തെ അള്ള കൽബനുണ്ടാകണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ്റെ കൈയും കാലും നാവും ഒക്കെ ശരിയാവും അതാണ് പടച്ചവൻ വളരെ ശക്തമായ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ആ വൃക്ഷത്തിന്റെ കൊമ്പുകളും ചില്ലികളും അന്തരീക്ഷത്തിൽ പന്തരിച്ചിട്ട് ആ വൃക്ഷത്തിന്റെ കായകലികൾ എല്ലാ സമയത്തും നൽകപ്പെടുന്ന അത്യപൂർവമായ അനുപമമായ ഒരു വൃക്ഷം പോലെയാണ് ശരിക്കറച്ച് നിന്ന് കഴിഞ്ഞാൽ അവൻറെ കൈയിലൂടെ അതിന്റെ പഴം വരും അവൻറെ നാവിലൂടെ അതിൽ പഴം വരും അവന്റെ കൽബിലൂടെ അതിൽ അവൻ അവൻ്റെ കൽബ് വരും അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മിരുകളെ അവന്റെ നാവിൽ നിന്ന് അനാവശ്യങ്ങൾ വരൂല അവന്റെ കൈകളെ കൊള്ളിൽ അനാവശ്യങ്ങൾ അവൻ്റെ ലൈംഗികാഭിമള കൊണ്ടാവശ്യങ്ങൾ വരൂല്ല അങ്ങനെയുള്ള സത്യസന്ധമായ ഒരു ജീവിതം ഒരു മനുഷ്യൻ നയിച്ചാൽ സത്യം ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ച ചോദിച്ചാൽ ആ കാണുന്നവനെന്ന് ചൂണ്ടിക്കാണിക്കാൻ സത്യത്തിന്റെ സാക്ഷിയായി അവൻ നിലകൊള്ളു അതിലാദ്യമാണ് തസോഫാണ് കൽബ് നന്നാകല കൽബ് നന്നാകാതെ കൽബ് ശുദ്ധിയാകാതെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ എഴുതി തരാം ശ്രദ്ധിക്കട്ട് അത് നല്ല കൽബിൻ നല്ല പോലെ ഉണ്ടാകാം ുംത്തിൽ ഹല എന്ന് പറഞ്ഞാൽ വയറ് ചുരുട്ട എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്താ വയറ് ചുരുട്ട പറഞ്ഞാൽ തിന്നാതിരിക്കാന്നുള്ള അർത്ഥം തിന്നാതെ മരിക്കണംന്തോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ സുഹൃദിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കും ദുനിയാവൊന്നും വേണ്ട തുളിപ്പായ നല്ലത് വേണ്ട അതല്ല മനസ് ആ മനസ്സ് ദുനിയാവിനോട് വന്നാണ്ട് കൊറക്കാത അല്ലാതില്ല ഇതേ പ്രകാരം ുംയറുക്കാൻ നടത്തിയാന്നുമല്ല അതിന് അർത്ഥം ജീവിതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ ഭൗതിക സുഖങ്ങളായി മനസ്സിൽ മാറാത്ത ഒരവസ്ഥ വരണം അപ്പൊ കുറയും അപ്പൊ തീറ്റ കുറയും അതേപ്രകാരം വില്ലിയുടെ മഹാരൾ പറയുന്നു എല്ലോടും ഈ ക്ലാസിന്റെ ഒരു ലാഭം നിലയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ സഹജം നിസ്കരിക്കണം ആ കൽബ് നന്നാക്കാനുള്ള വഴി പറഞ്ഞതല്ലേ രാത്രി നിസ്കരിക്ക രാത്രി നിസ്കരിക്കസ്കാരം അല്ല മേഹറാജ പടച്ചവനോട് കൽപ്പ് ബന്ധപ്പെട്ടാൽ കൽപ്പ് വൃത്തിയാക്കാൻ ഒരു വഴി ഒരു ഒരു താമസം വരൂല്ല അതേപ്രകാരം പടച്ചവനോട് നിഷ്കളങ്കമായി ദ്വാരക്ക ദ്വാരെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുള്ള സാധന കാരണം അടിമ ഉടമസ്ഥനോട് ആവശ്യപ്പെടലല്ലേ ഞാൻ നിന്റെ അടിമയാണ് നീ എന്റെ ഉടമസ്ഥനാണ് റബ്ബെ എന്റെ കാര്യങ്ങൾ നടത്തിക്കൊള്ള അങ്ങനെ ആവശ്യപ്പെടലല്ലേ ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ കാരണം ഒരടിമ എന്നിട്ട് ഉടമസ്ഥനോട് സങ്കടം പറഞ്ഞാൽ ഉടമസ്ഥൻ എപ്പോഴും ഇഷ്ടല്ലേ നമ്മളെ കീഴിലുള്ള നമ്മളോട് സങ്കടം നമുക്ക് ഇഷ്ടമുണ്ടാവൂലേ അപ്പൊ അള്ളാഹു ഒരു വല്യ ആ അത് ആരും കാണാത്ത ഒരു സമയത്ത് ഈ സമയമാണെങ്കിലോ നാ പിള്ള ഏറ്റവും കൂടുതൽ കൽപ്പ് നന്നാകുന്ന സമയ അതാണ് മൂന്നാമതായി അല്ലാമതായി ആരെയും ആരാണ് നല്ലവര് നല്ലവരുടെ ആ പാരമ്പര്യമാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള നാല് ദിവസങ്ങളിൽ നമുക്കിവിടെ കേൾക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും നല്ലവരുടെ പാരമ്പര്യ അതാരാ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തകൾ പാപം മുടൽ അവിടെ നിങ്ങോട്ട് വന്നിട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹത്തുക്കളായ സദാതുക്കൾ അവരാണ് നല്ലവര് കാരണം അവര് കൽബ് വളരെ ശുദ്ധിയുള്ള സൂഫിയാക്കളാണ് പരിപൂർണമായി ശുദ്ധിയുള്ള സൂഫിയാക്കളാണ് യാ യാതൊരു സംശയവുമില്ല മാത്രമല്ല കൈമൃതിച്ചുകൊണ്ട് സൂര്യന് ചന്ദ്രന് ആ മൊഴിജിതത്തായി പിളർത്തി കാണിച്ചുകൊടുത്ത കുടുങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ കറാമത്തുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഇസ്വലാമിന്റെ നടത്തിയ ആത്മീയമായ ചൈതന്യം സമൂഹത്തിൽ നിലനിർത്തിയ മഹത്തുക്കളാണ് അള്ളാഹുല്ല ഈ മഹാന്മാർ വരക്കൽ മുല്ലക്ക താങ്കൾ പാബ് മുതൽ നമ്മുടെ കാളമ്പാടി സ്താദ് ചെറുശ്ശേരി ഇസ്താദ് വരെ സമസ്തയുടെ പാരമ്പര്യത്തിൽ കാണുന്ന മുഴുവൻ ആളുകളും അവരൊന്നും ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഓടുന്നവരല്ല ഭൗതിക താല്പര്യത്തിന് വേണ്ടി നടക്കുന്നവരുമല്ല ആത്മീയത കച്ചവടമാക്കിയവരുമല്ല ആത്മീയത കച്ചവടമാക്കിയിട്ട് ലാഭം നേടാൻ അവരുദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശുദ്ധികൾ തന്നെ തന്നാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പൊ ഈ സീ ഇരിക്കുന്ന മഹാന്മാരായ സമസ്തയിലെ ആലിബികൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര നിഷ്കളങ്കളായ ആളുകൾ മഹാനായ മുലവർ അലി തകൾ അവർ ഇവിടെയുണ്ട് മഹാൻ അവരുടെ ഉപ്പായ നമുക്കറിയാമല്ലോ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തകൾ ഈ ഇന്ത്യ രാജ്യത്തെ തുല്യമായിട്ട് രണ്ടാമത്തെ മനുഷ്യരമെ കാണാൻ സാധിക്കുമോ ും കാണാൻ സാധ്യമല്ല അത്ര നിഷ്കളങ്കനായ മനുഷ്യരില് അവരാണ് യഥാർത്ഥമായ സൂഫിയാക്കൾ അപ്പോൾ ഒരു മനുഷ്യൻ പരിപൂർണമായി അവന്റെ കൽബ് ശുദ്ധിയായി സമയത്തെ സത്യത്തിൽ സാക്ഷിയാകാൻ അവന് സാധ്യമാവുകയുള്ളു കൽബ് കേടുവന്നുകൊണ്ട് അവൻ പ്രവർത്തിച്ചാൽ അവ പ്രവർത്തനത്തിൽ അതാണ് പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിൽ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരു കുറവും സംഭവിക്കൂല ഒരു സംഭവിക്കൂലു എന്ന് വായിക്കുമ്പോ പിന്നെ വേറെ ആരെങ്കിലും ആടെ ഗിതാബതിലില്ലാതെ പറയണ്ട അല്ല അങ്ങനെയൊക്കെ പറയും ഈ പ്രസവമൊക്കെ പിടിച്ചുള്ളു എന്തുവാം ഞാൻ ഒരു വായിച്ചതാ സുഹില്ല മൂന്ന് കാര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ ഹൃദയം ഒരിക്കലും ആ കാര്യത്തിൽ ഒരു വിധത്തിൽ കുറവ് സംഭവിക്കൂല ഒന്ന് മാത്രമാക്കി പാറ്റു അവൻ എന്തൊന്ന് ചെയ്യുന്നു അവൻ ഏതെല്ലാം കാര്യങ്ങൾ നടത്തുന്നു അത് മുഴുവനും അവന്റെ ഹൃദയത്തിൽ ഗുണകാംക്ഷയാകുന്നൊരവസ്ഥയുണ്ടാകും മാത്രമല്ല മുസ്ലിങ്ങളുടെ സംഘശക്തിയെ അവസ്യമാക്കുകയും ചെയ്യും ശരിക്കും മുടെ സംഘശക്തിയെ ലാസ്യമാക്കുക ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നോക്കി ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഒരു മഹല്ലത്ത് ആ മഹല്ലത്തിൽ ഒരു ജുമായത്തുവള്ളി ആ ജുമായത്തുവള്ളിയിൽ കെട്ടുറപ്പുള്ളൊരു മഹല് അല്ല ആരോക്കളിൽ കെട്ടുറപ്പുള്ളൊരു മഹല് ആ മഹല്ലിലെ ജമാകത്തേതാ ലഭിതങ്ങൾ പറഞ്ഞാൽ അതിനൊരർത്ഥം ഉണ്ടാവുമല്ലോ അവിടുത്തെ ജമാകത്തേതാ ആ മഹല്ലിന്റെ ആ കൂട്ടായ്മ അവിടുത്തെ പ്രസിഡന്റ് അവിടുത്തെ സെക്രട്ടറി ഇതല്ലേ അവിടുത്തെ ജമാത്ത് എന്നാൽ നിങ്ങൾ ആലോചിക്കണം ആ ജമാനെ രാജിമാക്കൽ ഒരു മുസ്ലിം ചെയ്യണമെന്ന് പറഞ്ഞാൽ മഹല് അവിടെ നിർത്തിയിട്ട് മഹല് ഇല്ലാതെ മഹല് സമയം പേര് സടകാല പിന്നെ എവിടെ പുലാസമത്ത് എവിടെ പിന്നെ പുലാസമത്ത് ജമാഹത്തി അത് പറഞ്ഞതിന് ശേഷം പറയുന്നു ചുറ്റുഭാഗത്ത് ഒരു വേലിയായിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തും എന്ന് അള്ളാഹുവിന്റെ റസോഡ് പറഞ്ഞാൽ എല്ലാ മഹല്ലത്തുകളിലും പള്ളിന്റെ തൊട്ട് പള്ളി അതേപ്രകാരം മഹലിന്റെ മേറ മഹൽ ഉണ്ടാക്കി സമാന്തരങ്ങളുടെ ഒരു കളിയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ കല്ലിൽ ചെയ്യേണ്ട പണിയാണോ അത് ഒരിക്കലുമല്ല അതുകൊണ്ട് സത്യസാക്ഷിയായി ഒരു മനുഷ്യൻ നിലകൊള്ളണമോ തത്യാസിന്ന് ഉദ്ദേശ പറ്റോ പറ്റൂല മുങ്ങിനെ നിങ്ങൾ സത്യവാൻമാരോടുകൂടെ നിങ്ങൾ കൂടണമെന്ന് ും പറഞ്ഞത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മൾ അതില്ലാടുകളാണ് ഞമ്മളത് വേണ്ട എന്ന് വെച്ചാലും ആളുകളാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെ കൽ വിശുദ്ധിയാക്കാതിരുന്നാൽ പറ്റുമോ കൃത്രിമങ്ങൾ ഒഴിവാക്കണ്ടേ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുകൊണ്ട് ഞാൻ വിനയത്തോടുകൂടെ ശ്രദ്ധാക്കളോട് പറയുന്നു നമ്മൾ നിഷ്കളങ്കമായി ചിന്തിക്കേണ്ട സമയമാണിത് യഖലാസോരൂടെ ചിന്തിക്കേണ്ട സമയമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്കേണ്ട സമയമാണ് കാരണം നമ്മുടെ ജീവിതം ലിമിറ്റുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹരത്തിലേക്ക് പോകേണ്ടവരാൾ അതുകൊണ്ട് ചിന്തിക്കുക ആലോചിക്കുക കൽബ് ശുദ്ധിയാക്കുക ഈ മൂന്ന് വസ്തുതകൾ നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം രണ്ടാമത്തേത്മ വരണം നന്മ വരണം അവര് ഗുണകാംക്ഷ ഛിദ്രത ഉണ്ടാക്കരുത് നാശങ്ങൾ ഉണ്ടാക്കരുത് ുംകനും തെറ്റ പണി ഉണ്ടാക്കരുത് കുടുംബങ്ങൾ തെറ്റണ പണി ഉണ്ടാക്കരുത് മഹലത്തിൽ ഒരിക്കലും അല്ലാഹു അത് ഇഷ്ടപ്പെടുകയില്ല മാത്രമല്ല അവരുടെ ജമാക്കൈപത്തും അവരുടെ ദൈവത്ത് അവരുടെ ചുറ്റുപാകൽ വലയമായി നിന്ന് ഇബിലീസിനെ കടക്കാൻ പറ്റാതെ സുരക്ഷിതമായി അവരുടെ നിലനിൽക്കുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞ ആ മൂന്ന് കാര്യം നൂറ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മടെല്ലാം കൽബ് ശുദ്ധിയുള്ള സൂഫിയാക്കളാകണം സൂഫിയാക്കൾ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ ഒരേ ഒരു കുത്തകയായി പറയപ്പെടുന്ന കാര്യമൊന്നല്ല കൽബു ശുദ്ധിയായിട്ട് സൂഫിയാകളം കൽബു ശുദ്ധിയുള്ളവന്റെ പേരാ സൂഫി എന്നുള്ളത് മുത്തസബീപത്തല്ല മുത്തബീപത്ത് വേറുണ്ട് മുത്തസബീഫത്ത് എന്നുള്ള ഞാൻ സൂഫിയാണെന്ന് പുറത്തേക്ക് നടിച്ച് നടക്കുന്നവരും അത് മുത്തസബീബത്ത് അതല്ല സാക്ഷാൽ സൂഫിയാകണം തസബൂബ് നമ്മളിൽ ഉണ്ടാകണം കൽബുശുദ്ധിയാകണം അങ്ങനെ കൽബുശുദ്ധിയായാൽ തല്ലെത്താൻ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിത്തീരും വാക്കുകളെന്നുണ്ടാവും പ്രവർത്തനങ്ങൾ നന്നാവും നമ്മൾ കണ്ടില്ലേ ഒരു വലിയ കുടുംബത്തിലെ എത്ര ആളുകളുണ്ട് വലിയ കുടുംബം തന്നെ പാണക്കാട് കുടുംബം അള്ളാഹു ഇജ്ജത്ത് അധികരിപ്പിക്കണ്ടേ നിങ്ങൾ ശരിക്കും ആലോചിക്കണം ഞാനിപ്പോ ഇപ്പോഴല്ല പൂക്കോത്തങ്ങളെ പാപ്പ് മുതൽക്ക് അവിടെ ഇടക്കിടക്ക് പോയവർ വന്നല്ലേ പോടുമ്പോഴെല്ലാം ഇടക്ക് പോകാറുള്ളു നിങ്ങളാലോചിക്കണം ആ വീട്ടിൽ വരുന്ന എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒരേ പ്രകാരം ഈ മൂന്നോ സ്വഭാവം ശരിക്കുള്ളവർ അല്ലേ അവരോടല്ലാതെ നമ്മൾ ഞാനോടഭ്യം പറ്റിയ ും ചെയ്യാറുണ്ടോ അതേപ്രകാരം ഗുണകാംക്ഷല്ലാതെ അവരുടെ ഹൃദയത്തിലുണ്ടോ ഒരിക്കലുമില്ല അതേപ്രകാരം മുസ്ലിങ്ങളുടെ സംഘശക്തി അവര് വിട്ടുപോയിട്ടുണ്ടോ ഒരിക്കലുമില്ല അവരിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി പോലും അതില്ല അള്ളാഹു ആ ഒരു അവസ്ഥ കിയാമെന്ന ആള് വരെ നമ്മുടെ സമുദായത്തിൽ തണലാക്കി നിരൽത്തി തരട്ടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ അവരെ കുട്ടി നമ്മളെ എവിടെക്ക് പോകാനാ എവിടെക്കാ നമ്മൾ പോവുക പിന്നെ ആരാ ഈ സത്യത്തിൻ്റെ സാക്ഷികൾ എവിടെക്കാ നമ്മള് പോകുക ഒരിക്കലും പോകാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ പറയുന്നു വീണ്ടും ചിന്തിക്കൂ ചിന്തിക്കൂ വല്ലവരും താൽക്കാലിക ലാഭത്തിനു വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കൂ നമുക്ക് മരണപ്പെട്ടു പോണം അള്ളാഹുവിൽ അടക്കൽ നമുക്ക് പോകണം മഹ്ഷറായി നമുക്ക് എത്തണം ആത്മീയത യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയത ലാഭത്തിനുവേണ്ടി ഉപയോഗിക്കാൻ നല്ല പരിപാടിയാണ് നല്ല പരിപാടി ഞാൻ പറയാപ്പോ ഹെറമിന്റെ അടുത്തകാര് ഒരു പെഷ്ടി വെച്ചാൽ ഒരു മാസത്തിൽ എത്ര കോടി റിയാലിണ്ടാവും എന്ന് പറഞ്ഞേ ആ നമ്മളെ ഹറവില്ലേ മക്കത്തെ ഹറവ് ഹെറമിൻ്റെ അടുത്തകാര് ഒരു വെച്ചിട്ട് ഒരു റമലാലിലോ ഒരു ഹജ്ജ് സീസണിലോ ഒരു പെട്ടി വെച്ചാൽ ഇതിൽ റിയാലിട്ടോളി എന്ന് പറഞ്ഞാൽ എത്ര കോടാന കോടി ഉറപ്പാക്ക പക്ഷെ ആത്മീയത അവര് കച്ചവടാക്കിട്ടില്ല അങ്ങനെ ഉദ്ദേശിക്കുന്ന പറ്റൂല ആയതിനാൽ ശരിക്കുള്ള സൂഫിയാകണം വേഷത്തിലോ അല്ലെങ്കിൽ നാട്യത്തിലോ ഒന്നും പോരാ ശരിക്കുള്ള സൂഫിയായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാ അടിസ്ഥാനമായി പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞോട് നിർത്താൻ പറഞ്ഞത് സാധാരണ നമ്മൾ പറഞ്ഞതല്ല അള്ളാഹുവിനെ ഭയപ്പെടുക ൊക്കെ ചെയ്യ തോന്നി ഏത് തോന്നലോ അത് മറ്റാൾ അംഗീരിച്ചാരിച്ച് ഇത്തരഞ്ഞാൽ എല്ലാ പിശാചിമിരിക്കുന്ന മലകളിലും ഏറ്റവും മലയാണ് യഥാർത്ഥ സൂഫിയാക്കി മല നന്നാക്കി സത്യത്തിന്റെ സാക്ഷികളൊന്നും